അത് പറയണേ ചിലപ്പോ അഞ്ചാമത്തെ പറഞ്ഞല്ലേ പറയാതെ പോയ ആ അത് അവര് വിട്ട ഞാൻ ചിലപ്പോ വിടുകയാണെങ്കിൽ ഒരു സുഖമായിട്ട് വിടത്തില്ല ഒരു ഗ്രൂപ്പായിട്ട് വിടട്ടോ ഒന്നായിട്ട് വിട്ടെങ്കി എന്റെ പ്രശ്നമാണ് പരം വിവർധനം ബുദ്ധി അജ്ഞാനം സമുസാരണം ആധീന വിധി സാധുസമാഗമം ഇതാണോ സിംപിളാണത് ഞാൻ പേടിച്ചോട്ടെ ഒന്നും അല്ല കേട്ടോ സിമ്പിളായ കാര്യമാണ് പക്ഷേ ബുദ്ധേ പരം വിവർത്തനം ബുദ്ധിയെ അങ്ങേറ്റം വലുതാക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും അജ്ഞാനതരു സാധനം അജ്ഞാനമാകുന്ന തരു വൃക്ഷത്തെ നശിപ്പിക്കുന്നതും സമുസാരണ ആധീന എല്ലാ ആധികളുടെയും ചതുഃഖം ആധികളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുന്നതും ആണ് സാധുസമാഗമം തെറ്റി സാധുസമാഗമം എന്നറിയുന്നത് ഇവിടെ പറഞ്ഞു വരുന്ന വിഷയങ്ങളോട് ചേർന്നിരിക്കുന്ന കാര്യമാണ് സാധ സംഗമം അജ്ഞാനത്തെ നിശിപ്പിക്കുന്നു വിവേകത്തെ വർദ്ധിപ്പിക്കുന്നു ദുഃഖങ്ങൾക്കെല്ലാം അറുതി വെത്തും സംസാരണം ആധീനം ആധികളിൽ നിന്ന് മോചിപ്പിക്കുക സംസാരണം വെച്ചാൽ മോചിപ്പിക്കുക മോക്ഷം ദുഃഖത്തിൽ നിന്നുള്ള മോചനങ്ങൾ എന്താ മോക്ഷം സമയം ഒത്തും പുറത്തുള്ള ശ്രദ്ധ പക്ഷേ ഉപസർഗങ്ങൾ പക്ഷേ സാധന പ്രയോഗിക്കുന്നതാണത് സംത്സാരണം മോക്ഷം എന്നുള്ളത്ഥത്തിൽ പ്രയോഗിക്കുന്നത് പാകം സന്തോഷ വിചാര സമസ്തഥ പതിനെട്ട് ഏകദേവ ഭവാംബോധം ഉപായാസ്കരണീകമാണ് ഇതുവരെ ഈ അടുത്ത സർഗങ്ങളിൽ ചർച്ച ചെയ്ത കാര്യത്തെ ഇവിടെ ഒരുമിച്ച് പറയുകയാണ് സന്തോഷം നമ്മൾ ഒരുപാട് വിശദീകരിച്ചാണ് സാധുസന്ദമം അതിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിചാരം അത് മുമ്പ് വന്നു കഴിഞ്ഞാണ് ശമം ഇത്രയും കാര്യങ്ങൾ ഭവാംബോഹോ ഈ ജീവിത സമുദ്രത്തിൽ ഉപായാഹ ഇതെല്ലാം ഉപായങ്ങളാണ് ദണ മനുഷ്യർക്ക് തരണേ ഇതിനെ തരണം ചെയ്യുന്നത് ജീവിതത്തെ തരണം ചെയ്യുന്നതിന് സംസാരം എന്ന് പൊതുവെ പറയും ഇതെല്ലാം സഹായിക്കുന്നവയാണ് എന്നർത്ഥം സന്തോഷപരമോ ലാഭ സത്സംഗപരമാ ഗതി വിചാരപരമം ജ്ഞാനം സമോഹി പരമം സുഖം സന്തോഷപരമോ ലാഭം സന്തോഷമാണ് ഏറ്റവും വലിയ നേട്ടം സത്സംഗപരമാഗതി സത്സംഗമാണ് നേടേണ്ടതായിട്ടുള്ള ഒന്ന് പ്രാപിക്കേണ്ട ലക്ഷ്യസ്ഥാനം ഗതിനിതപ്രാപ്യസ്ഥാനം വിചാര പരമജ്ഞാനം വിചാരമാണ് പരവുമായ അറിവ് സമൂഹി പരമം സുഖം സമം എന്ന് പറയുന്നത് സുഖമാണ് അമ്മ ചേർത്തേതാണ് സമം സമം എന്ന് പറയാൻ കാരണം സന്തോഷത്തെ പ്രത്യേകം പറഞ്ഞു ഈ ശ്രമത്തെക്കുറിച്ച് ഈ ഈ പറയുന്ന ഈ നാല് കാര്യങ്ങൾ ഏത് സന്തോഷം സാധുസന്ധം വിചാരം ശ്രമം ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് ഇന്നും മനുഷ്യര് വളരെ ഗൗരവമായി ചിന്തിക്കുന്നവയാണ് ഈ നാല് കാര്യങ്ങൾ നമ്മളതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അത്യന്ത ഉപയോഗമുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകം കഴിഞ്ഞിട്ടൊരു എന്തായാലും ഒരു അറുന്നൂറ് വർഷത്തിന് മേലിലാവും ഇതിന് പലയിടത്തും കാണുന്ന റെഫറൻസ് വെച്ച് നോക്കഴിഞ്ഞാൽ അറുന്നൂറ് വർഷത്തിന് മേലുള്ള അന്നത്തെ മനുഷ്യർ അന്നത്തെ ചിന്താഗതി ജീവിത സാഹചര്യങ്ങൾ എല്ലാം മാറിക്കൊണ്ട് അതൊന്നുമല്ല ഇന്നും അപ്പൊ ഇന്നതിൻ്റെയൊക്കെ ആശയങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഇന്ന് ശമവം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഇന്നതിലങ്ങനെയാണ് ഡിസിപ്ലിൻ്റെ ഒരാൾക്ക് ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടോ അവ ജീവിതം ആ ഒരു ഭാഗത്ത് അത് മാത്രം പോരാ ആ ഒരു ഭാഗം കൊണ്ട് അവൻ്റെ ജീവിതം സുഖമായി നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മൾ വകതിരിവില്ലാതെ ഓരോരോ കാര്യങ്ങളിലേക്ക് എടുത്തുചാളി മെച്യൂരിറ്റി ഇതിൻ്റെ ഒരു ഭാഗമാണ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ മെച്ചൂരിറ്റി ഉള്ളിടത്ത് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും ഡിസിപ്ലിൻ ഉള്ളിടത്ത് മെച്ചൂരിറ്റി ഉണ്ടായിരിക്കും ഇവിടെ ഡിസിപ്ലിൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഡിസിപ്ലിൻ അത് പ്രത്യേകം കാരണം മറ്റുള്ളവർ ഡിസിപ്ലിൻ്റെ ഇപ്പം ആശ്രമത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് രാവിലെ നാലുമണിക്കെല്ലാവരും ഇനിയണം അത് മിക്കവാറും ആരും അനുസരിക്കാറുണ്ട് എന്തുകൊണ്ടും സെൽഫ് ഡിസിപ്ലിൻ്റെ അതൊരാള് സെൽഫ് ഡിസിപ്ലിനായി സ്വീകരിക്കുകയാണെങ്കിൽ ആരും നാലുമണിക്കും സംശയമൊന്നുമില്ല അതുപോലെ ഓരോ ഓരോ കാര്യങ്ങളും അത് അയാളുടെ മെച്ചൂരിറ്റി അണുബിച്ചാണ് അപ്പം സ്വയം തന്നെ ജീവിതത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളാണ് ഡിസിപ്ലിൻ എന്നു പറയുന്നത് അപ്പോൾ ഒരാൾക്ക് ആ ജീവിതത്തിൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരുപാട് സംഘർഷങ്ങൾ ഒഴിവാക്കാം മാനസികമായും ബാഹ്യമായും വരുന്ന ഒരുപാട് ഏറ്റുമുട്ടലുകൾ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ഡിസിപ്ലിൻ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റുമുട്ടാൻ തുടങ്ങും ഏറ്റുമുട്ടലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന്റെ ഇടയ്ക്ക് സമാധാനം സാധിക്കും മനുഷ്യന്റെ മനസ്സിന്റെ സമാധാന സ്വയം ഡിസിപ്ലിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിനാണ് അയാൾ സംഘർഷങ്ങളിൽ ഇടപെടാത്ത അത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അത് ശാന്തമായിരിക്കും സുഖമായിരിക്കും അതുകൊണ്ടല്ലേ ആത്മീയ സാധനയിൽ എല്ലായിടത്തും സങ്കടർ പറയും സമാധിഷ്വസമ്പത്തി യോഗത്തിലും പറയും സമ്മതമാദങ്ങളും യോഗത്തിൽ എല്ലായിടത്തും പറയും ഇത് ആത്മീയതയിൽ മാത്രമാണ് ഭൗതികമായ ജീവിതത്തിൽ ആത്മീയതയില്ലാത്ത ജീവിതത്തിലാണെങ്കിലും ശരി ഒരാൾക്ക് അങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാമെങ്കിൽ പ്രത്യേകിച്ച് ആത്മീയപാഠങ്ങളൊന്നും വേണ്ട അല്ലാതെ തന്നെ ആത്മീയ ജീവിതമായിരിക്കുന്ന അയാൾ ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയിൽ പഠിക്കേണ്ട കാര്യമില്ല അയാളുടെ ജ്ഞാനിയോ യോഗിയോ ഭക്തനോ ഒന്നും കാര്യമില്ല അയാൾക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന ഡിസിപ്ലിൻ കൊണ്ട് ഇത് ഇന്ന് ഇതിനെ ബന്ധപ്പെടുത്തി പറയുന്നത് ന്യൂറോ സയൻസും പോസിറ്റീവ് സൈക്കോളജി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഈ ഡിസിപ്ലിനെ ഒരുപാട് പഠനങ്ങളുണ്ട് അപ്പോൾ ചോദിച്ച ഫോർമൊന്നാണ് സ്റ്റാൻഫോർഡ് മാർഷ് മെല്ലോ എക്സ്പെരിമെന്റ് മുമ്പ് ഒരിത് വായിച്ചാണ് അതായത് ഡിസിപ്ലിൻ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുമാത്രം ഗുണം ചെയ്യും എന്നറയുവേണ്ടി നടത്തിയ ഒരു എക്സ്പെരിമെന്റാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അതായത് നാല് വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ അവരുടെ ഇത് തൽക്കാലത്ത് വിവാദമായ ഒരു ഹിസ്പിൽ അവരുടെ തിരുത്തേറ്റ് അവർക്ക് മിഠായികൾ അവരുടെ ഉപയോഗിച്ച് ഒരു സൈക്കോളജിസ്റ്റ് എന്നിട്ട് അവരോട് പറഞ്ഞു ചെറിയ കുട്ടികളാണ് ഈ മിഠായി ഉടനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടും ഒന്നേ കഴിക്കാം പതിനഞ്ച് മിനിറ്റ് കഴി കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളിറങ്ങി പുറത്ത് പോയി എന്നിട്ട് അവരെ നിരീക്ഷിച്ചു ഈ കുട്ടികളെന്താ ചെയ്യുന്നത് ചിലര് കണ്ണുപൊത്തിയിരിക്കും ഇനി രണ്ടെണ്ണം കിട്ടുമല്ലോ ഇപ്പ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലര് ഇയാൾ മുറിയിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഒരു മിനിറ്റിനകം തന്നെ കഴിച്ച വീരമ്മൻ കെട്ടി ഒന്നും കഴിച്ചു ചിലര് ചില കുട്ടികൾ അവിടെ ഇരുന്നുകൊണ്ട് തനിയെ പറയുന്നു ഈ മുമ്പിലിരിക്കുന്ന മിഠായി വെറും ഒരു പടമാണ് ഇത് മിഠായി അല്ല ഇത് കഴിക്കാൻ പറ്റത്തില്ല അവന് കൺട്രോളിന് വേണ്ടിയിട്ടാണ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല ചിലര് അവര് പഠിച്ചിട്ടുള്ള പാട്ടുകൾ പാടി പതിനഞ്ച് മിനിറ്റ് മുമ്പോട്ട് പോകാൻ വേണ്ടി അപ്പോൾ സമ്മിശ്രമായ പരീക്ഷിച്ചത് സെൽഫ് കൺട്രോൾ ശ്രമം എങ്ങനെയാണ് ഇത് അറുപത് മൂന്നിൽ എഴുപത് വരെ ഈ പഠനം തോട്ടും അതുകഴിഞ്ഞ് അവരുടെ ജീവിതം വീണ്ടും പഠിച്ചു അപ്പോൾ അന്ന് കണ്ട ഒരു വ്യത്യാസം ഈ പതിനഞ്ച് മിനിറ്റ് വരെ സ്വയം നിയന്ത്രിച്ച കുട്ടികൾ അവരുടെ ഭാവി വളരെ ശോഭനമായി ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ട് ആ എസ് എം ഐ പെട്ടെന്നാണ് കഴിച്ചവരിൽ അവർ പിന്നീട് നോക്കിയപ്പോൾ മിക്കവാറും പേര് നൂറ് ശതമാനമുണ്ട് പലതരത്തിലെ കുഴപ്പക്കാരായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടായി പല പ്രശ്നങ്ങളും ഉണ്ടായി പിന്നെ ഇതിനെക്കുറിച്ചൊരു വിവാദമുണ്ടായത് അന്ന് അവിടെയുള്ള സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള കുട്ടികളെ ഈ പരീക്ഷണത്തിന് വിധേയമാക്കിയെന്നൊരു ആരോപണമുണ്ട് അതുകഴിഞ്ഞ് പിന്നീട് നിരവധി പേര് ഈ പരീക്ഷണം നടത്തി പാവപ്പെട്ട കുട്ടികൾ കുട്ടികൾ കഷ്ടപ്പെട്ട കുട്ടികൾ നടത്തി പിന്നെ മിക്സഡായി പരീക്ഷണം നടത്തി പക്ഷെ പൊതുവെ അതിനൊക്കെ റിസൾട്ട് ഒരുപോലെ ആയിരുന്നില്ല പൊതുവെ തീർക്കാതെ കുട്ടിക്കാലത്ത് ഇത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ കുട്ടികളെയൊക്കെ വരച്ച വരയിൽ നിർത്തിപ്പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ജന്മനാകെ തന്നെ അവന് ഈ നാലഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ശമതമാധ്യമൊക്കെ ചെന്ന് പറയാം കുട്ടികളിൽ ഇങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒന്ന് അവരിൽ കാണുന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരിൽ അത് തുടരുന്നതായിട്ട് കാണുമ്പോൾ പൊതുവെ അപവാദങ്ങളുണ്ട് അതിന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഇല്ലാതെ പക്ഷെ കുട്ടിക്കാലത്ത് അതില്ലാതെ വരുന്നവരിൽ വലിയൊരു ശതമാനം അത് മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കേണ്ടത് അതെല്ലാം അങ്ങനെ ഒരു ഫീൽഡിൽ അവർ വിജയിക്കുക എന്ന് പറയുമ്പോൾ സമ്പത്തുണ്ടാക്കി മാത്രമല്ല ഇവിടെ വെൽ ബീങ് സന്തോഷമായി ജീവിക്കുക സമൂഹത്തിന് ശല്യമല്ലാതെ ശല്യക്കാരാകാതിരിക്കുക ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിച്ചാൽ അവരോടെ സക്സസ് ആകുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെയെല്ലാം വിജയിക്കുന്നു അത്തരം പഠനങ്ങളൊക്കെ ഇന്നും തുടരുന്നുണ്ട് പിന്നെ അവര് എന്താണ് നമ്മുടെ പ്രീഫ് പോട്ടക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ബ്രെയിനുമായി ബന്ധപ്പെടുത്തി പഠനങ്ങൾ വീണ്ടും നടത്തി അപ്പോ ഇതിലൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നാണ് നമ്മള് ഇതൊക്കെ ബ്രെയിനുമായി ബന്ധപ്പെടുത്തിയോ മനസ്സിലാവും അങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവന് അവൻ ജീവിതത്തിൽ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് അവൻ അവിടെ വിജയിക്കും അപ്പോ ഇവരുടെ ഉൽക്കാലത്തുള്ള ശ്രദ്ധിച്ചത് ഒരു ഒരു പ്രവൃത്തി പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ സെൽഫ് ഡിസിപ്ലിനുള്ള കുട്ടികളെന്താ ചെയ്യുന്നത് മൊബൈൽ വിദേശത്തൊക്കെ മൊബൈൽ സർവസാധാരണമാണ് അവർ മൊബൈലോണോ നടത്ത ഭൂമി വരും എന്നുവെച്ചാൽ പഠിക്കുന്ന മേശയുടെ പുറത്തേക്ക് അവർ മൊബൈൽ വെച്ചിട്ടുണ്ട് മൊബൈൽ വെച്ച് അവൻ ഇടയ്ക്കിടെ ഇതാരും അവനെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ പോക്കറ്റിൽ മൊബൈൽ ഇരുന്നാൽ അല്ലെങ്കിൽ അവിടെ മേശപ്പെടുത്തുന്ന മൊബൈലിൽ നിന്ന് എടുത്തിട്ട് അത് നോക്കും മൊബൈൽ ഉപയോഗിക്കുന്ന മിക്കവാറും പേര് അവിടെ നല്ലൊരു ശതമാനം ഈ മൊബൈലിൽ തന്നെയാണ് ചെലവഴിക്കുന്നത് ആശ്രമത്തിലുള്ളവർക്കും പ്രത്യേക എക്സെപ്ഷനുകൾ ശ്രമത്തിലുള്ളവരും അങ്ങനെയല്ല പുറത്തുള്ളവരും അങ്ങനെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതിൽ പെട്ടുപോകാതിരിക്കുന്ന കരുതലിനെടുത്ത് വേറെ പോയിക്കൊണ്ട് പഠിക്കുന്നവര് പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ അടയാളം എന്താണ് പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞ അവരുടെ മേശപ്പുറത്ത് പുസ്തകം ഉണ്ടായി പഠിക്കാത്തവരുടെ ഏറ്റവും വലിയ അടയാളം എന്താണ് അറിയാമോ ോക്കിയാൽ മനസ്സിലാവും അവരുടെ പുസ്തകങ്ങളെല്ലാം ഷെൽഫിലായി മിക്കവാറും അത് കൂട്ടുള്ള അലമാരയായി കൂട്ടുള്ള നല്ല അലമാരയിലായി മിക്കവാറും അതിനകത്ത് കണ്ണാടി പോലും കാണാത്ത ഇരുമ്പ് അലമാരകളായി പക്ഷെ പുസ്തകം കാണാൻ താരം ചെറിയ കുട്ടികളിൽ തന്നെ നോക്കിയത് എന്തുകൊണ്ട് ഉന്മേഷപ്പെടുത്തുകയും ചെയ്യുന്നു ദേശപ്പെടുന്നുണ്ട് കാരണം അവൻ എനിക്ക് പഠിക്കണം എന്നല്ല ആവേശം കയറി പഠിക്കണമെന്ന് തീരുമാനിക്കുന്നവർ അവന്റെ തീരുമാനം വേറെയായി ആവേശം കയറി പഠിക്കാമെന്ന് വിചാരിച്ചത് എന്താണ് ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടോ നോക്ക് എന്നാൽ അതൊന്ന് പഠിച്ചുകളൊരാവേശം ഒന്നര ദിവസം പഠിക്കത്തില്ല കഴിയത്തില്ല അതിൻ്റെ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് നമ്മൾ കണ്ടല്ലേ ഇവിടെ ശുദ്ധമെന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയ ആള് മുഴുവനാണെങ്കിലും ഇപ്പൊ ഞാൻ ചോദിച്ച മോഹൻലാലിന്റെ പടം തന്നെ റിലീസായി ഓർമ്മയുണ്ട് മൂന്നിൻ്റെ നോക്കിയപ്പോഴ ആരുമില്ല ഞാനും ഞാനും മാത്രം അതിൻ്റെ ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ട് അതിൻ്റെ കഴിയില്ല നമ്പൂട്ടും വഴിയിൽ തളർന്നു എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ ഒരു ആവേശമുണ്ട് പഠിക്കുന്നവനങ്ങനെ തീരുമാനിക്കുന്നത് കുട്ടികൾ ഇത് കുട്ടികളെ നടത്തി പഠനമാണ് അവൻ എങ്ങനെയാണ് പഠിക്കുന്നത് അവൻ തീരുമാനിക്കേണ്ടി ഞാൻ ആറുമണി മുതൽ ഏഴ് മണി മുതൽ ഫിസിക്സ് പഠിക്കും അതാണ് അവൻ്റെ തീരുമാനം അല്ല ഞാനിതൊന്ന് പഠിച്ചുകളയുമെന്നുള്ളത് ആ സമയത്ത് അവൻ പഠിക്കും പഠിക്കാമെങ്കിൽ ഉദാഹരണമായി പറഞ്ഞു ഏത് പ്രവൃത്തിയിലായാലും ശരി അവൻ സമയം നിശ്ചയിക്കും എല്ലാ സമയം എന്റെ സമയം വരെ ഞാൻ ആ പ്രവൃത്തി കൃത്യമായി ചെയ്യും ഞാനിങ്ങനെയൊന്നും പഠിച്ചിട്ടുള്ള കൂട്ടത്തിലല്ലോ ഞങ്ങൾ തിരുത്തിരിക്കരുത് ഞാൻ പഠിച്ച കാര്യം പറയാം ഇതിനെക്കുറിച്ച് അതുകൊണ്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇന്നും ന്യൂറോ സയൻസ് കോബിനേറ്റീവ് സയൻസ് പോസിറ്റീവ് സൈക്കോളജി ഹെൽത്ത് സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങൾ ധാരാളം നടക്കുന്നു ആ അത് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും ഞാനിൻ്റെ ഒരു നവാഗതനം ഞങ്ങൾ പുതിയ ആളാണ് അങ്ങനെ സ്വയം ഇതിനെ കുറിച്ച് കൂടുതലും പഠിച്ച് മനസ്സിലാക്കുക പറഞ്ഞത് ഞാൻ പഠിച്ച കാലത്ത് അങ്ങനെ പഠിച്ചിട്ട് വയസ്സുകാലത്താണ് നിങ്ങളെ കുറിച്ച് എനിക്ക് ബോധമുണ്ടായത് അതുകൊണ്ട് അത്തരം ഡിസിപ്ലിൻ ജീവിതത്തിൽ എല്ലാ മേഖലകളും ആവശ്യമാണെന്നാണ് ഇന്ന് പറയുന്നത് കൂടുതൽ എന്താണ് പഠിച്ച് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഗുണം ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി പോകാൻ പറ്റും അങ്ങനെ ഏറെ ഗുണം നമ്മളൊരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ ഒരു ഉത്തമ പൗരനായി ജീവിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഡിസിപ്ലിൻ ആവശ്യപ്പെട്ടു നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക നിയമങ്ങൾ വയലേറ്റ് ചെയ്യാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരുത്തി മുമ്പോട്ട് പോകും അപ്പൊ അവിടെ തന്നെയുണ്ട് അത് പൗരൻ പൗരധർമ്മം അടിശിപ്പിക്കുന്നതാണ് പഠിക്കുന്ന കാര്യത്തിലോ കുട്ടികളിലോ മാത്രമുള്ള കാര്യങ്ങളോ അവിടെയാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം നിയമങ്ങളെ വൈലത്തിയാതെ ജീവിക്കുകയാണുള്ളത് ആത്മീയ ജീവിതം പറയാനില്ല അത് ഈ സമത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ പറയുന്ന എന്താണ് സമത്തെ പോലെ തന്നെ വിചാരം എന്ന് പറയും വിചാരം എന്ന് പറയുന്നത് ആധുനികമായ പഠനങ്ങളെന്ന് പറയുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി നമ്മുടെ വിചാരം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വളരെയധികം നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ സ്പർശിച്ചു പോയിട്ടേ ഇത് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ് അതായത് ഒന്ന് ഇൻഫർമേഷൻ രണ്ടാമത് ഡീപ്പ് തിങ്കിങ് മൂന്നാമത് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇതിലാണ് പഴയകാലത്ത് പറയുന്നത് ശ്രവണം മനനം അതിന് നമ്മൾ സാധാരണ നമ്മളിൽ സംഭവിക്കുന്ന എന്താണ് വേറെ ഇൻഫർമേഷൻ മാത്രമേ സംഭവിക്കുന്നു ഒരാൾ പറയുന്നു മറ്റുള്ള നമ്മൾ കേൾക്കുന്നു അത്രയുള്ളൂ ഇന്ന് മനുഷ്യന് കൈകാര്യം ചെയ്യുന്ന ഏത് വിഷയമായ എന്താണെന്നില്ല ആത്മീയതയുള്ള ഭൗതികമൊന്നും വ്യത്യാസമൊന്നുമില്ല അത് കേവലം ഇൻഫർമേഷനായി കഴിഞ്ഞാൽ അത് നമുക്ക് കാര്യമായ പ്രയോജനമൊന്നും ചെയ്തിരുന്നില്ല അത് അത് ഡീപ്പ് തിങ്കിങ്ങായി മാറുന്നു അത് ആ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ ഒരാട് ഉടൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീപ്പ് തിങ്കിങ് പിന്നെ അത് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങായി മാറി അത് അതാണ് നമ്മുടെ പ്രശ്നവും അതാണ് ഏതൊരു വിഷയത്തെ കേട്ട് കഴിഞ്ഞാലും ശരി ഏത് വിഷയം കേട്ടാലും നമ്മൾ പ്രതികരിക്കും നമ്മുടെ ഒരു നമ്മുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്ന നമ്മളെ ഇൻഫർമേഷനിൽ നിന്നുകൊണ്ടാണ് ഒരിക്കലും നമ്മുടെ ഡീപ്പ് തിങ്കിങ്ങിൽ നിന്നുകൊണ്ടല്ല അതാണ് നമുക്ക് പൊതുവെ അത് ചിലപ്പോൾ നിങ്ങൾക്കല്ല എനിക്കും പറ്റബദ്ധങ്ങൾ കാരണം എല്ലാ ഇൻഫർമേഷനും നമ്മൾ പലപ്പോഴും അത് വിചാരം ചെയ്യാറില്ല പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പുറം ലോകത്ത് നമുക്ക് കിട്ടുന്ന മുഴുവൻ ഇൻഫർമേഷൻസ് അത് ഇൻഫാക്റ്റ് ആയാൽ ശരിയായാലും ആയാലും ശരി നമ്മുടെ ഉള്ളിൽ ഒരു പ്രോസസ്സ് നടക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അതിനുള്ള പ്രതികരണം യഥാർത്ഥമായി കൊണ്ടുവന്ന് നമ്മൾ നേടുന്ന ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ കൂടി തെറ്റാണെങ്കിലും പറയാറില്ല ഇന്ന് മോഡൽ മൂളോ സയന്റിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് നമുക്ക് കിട്ടുന്ന എല്ലാ അറിവും ഏതറിവായാലും ശരി അത് റിസ്ട്രിക്റ്റഡ് ഹലൂസിനേഷൻസ് അങ്ങനെ പറയുന്ന ഒരു വിഭാഗമാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് തന്നെ ഉണ്ട് ഹലൂസിനേഷൻ എല്ലാം അലൂസിനേഷൻസ് അതായത് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നും അതിന് കൺസ്ട്രെയിൻഡും നിയന്ത്രണ വിധേയമായി അതാണ് നമ്മൾക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാതിരുന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു പ്രോസസ്സിംഗ് നടക്കാതിരുന്ന അപ്പൊ നമ്മുടെ പ്രതികരണത്തിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് അതിന്റെ വിഷയമൊന്നുമല്ല അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും ഉണ്ടായിരിക്കില്ല ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടെന്നും മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം നമ്മുടെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളിപ്പോ ഈ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ചെലവുമെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി നമ്മൾ ഈ ഇൻഫർമേഷൻസും കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രോസസ്സിംഗ് നടക്കും ശരിക്കുള്ളൊരു പ്രോസസ്സിംഗ് നടന്നു കഴിഞ്ഞാൽ അതിൽ മൂന്ന് ഭാഗങ്ങൾ ഒന്ന് പ്രൊഡിക്ഷൻ രണ്ടാമത് എക്സ്പ്ലനേഷൻ മൂന്നാമത് ആപ്ലിക്കേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംഭവിക്കും ഉദാഹരണം പറയാൻ നമ്മൾ സാധാരണ കൊണ്ടു കിടക്കുന്ന കഥ പിടിത്തങ്ങൾ ഇൻഫർമേഷൻസ് മോഡേൺ ഫിസിക്സ് മോഡേൺ ഫിസിക്സ് എല്ലാം വേദത്തിലുള്ളതാണെന്നൊരാൾ പറയുക ഒരു ഇൻഫർമേഷനാണ് പക്ഷെ ബാക്കി അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ സംഭവം നടക്കുന്നില്ല നമ്മളിതിന് ചോന്നുകൊണ്ട് ഇളക്കിയുണ്ട് അപ്പോ ഇതെല്ലാം വേദത്തിലുള്ളതാണ് ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ആചാര്യന്മാർ കണ്ടെത്തിയതാണ് അവരായിരുന്നു ഒറിജിനൽ സയന്റിസ്റ്റുകൾ ഇന്നുള്ള സയന്റിസ്റ്റുകളെല്ലാം വ്യാജ സയന്റിസ്റ്റുകളാണ് എന്തുകൊണ്ട് അവരിൽ നിന്ന് മോഷിച്ചാണ് അപ്പം ഞാൻ പറയുക ഇതൊക്കെ അബദ്ധമാണെന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്റ്റ് എന്തുകൊണ്ട് നിങ്ങളുടെ ഇൻഫർമേഷനുസരിച്ച് ഞാൻ പറയുന്ന അബദ്ധമാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രൊഡിക്ഷൻ നടക്കുന്നില്ല എക്സ്പ്ലനേഷൻ നടക്കുന്നില്ല ആപ്ലിക്കേഷനൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് പുരാണങ്ങൾ വായിക്കുന്നു വേദം വായിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് അതിനെക്കുറിച്ചുള്ള പുരാണങ്ങൾ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് അന്നത്തെ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് അന്നത്തെ കൾച്ചറിനെ കുറിച്ച് അന്നത്തെ മനുഷ്യന്റെ ലാഭങ്ങളെക്കുറിച്ച് നഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ട് പക്ഷേ നമുക്ക് അടിസ്ഥാനപരമായി മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അടിസ്ഥാനപരമായി നമ്മളീ അറിവുകളെല്ലാം കൊണ്ടു കടക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്ന ഭാഷയാണെന്ന് നമുക്കറിയത്തില്ല അത് വായിച്ചാൽ മനസ്സിലാക്കുന്നതിനുള്ള ആ ഭാഷയിലൂടെ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ശേഷി പോലും നമുക്കില്ലാതെ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സംരക്ഷിക്കും അതിൽ വരുന്ന ഏറ്റവും വലിയ ഒരു തകരാറ് ഇത്തരം കാര്യങ്ങൾ ആരെയും തെറ്റായി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഭാഷാപരമായി നമുക്ക് തിരിച്ചറിയാം ഒരു വഴി ഒരു വഴി നമ്മുടെ ഇൻഫർമേഷൻ ഈ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് കിട്ടിയതായിരിക്കും നമുക്കതൊന്ന് വിചാരിക്കാനുള്ളതിന് ശേഷി പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു ശരിക്കും അതിൻ്റെ അതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എന്താണോ ഏറ്റവും പ്രാഥമികമായി വേണ്ട വിവരം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ആ ഭാഷ ജ്ഞാനമാണ് ആ ഭാഷയിലൂടെയാണ് ബാക്കി എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അന്നത്തെ കൾച്ചർ എന്താണ് അന്നത്തെ സാമൂഹ്യ സ്ഥിതി മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു ആർക്ക് ലാഭമുണ്ടായി ആർക്ക് നഷ്ടമുണ്ടായി എല്ലാം അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനാണ് പ്രൊഡിക്ഷൻ എന്ന് പറയും പിന്നെ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുക അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാരണം ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ് ആ ഭാഷയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ പരസ്പരം ബന്ധപ്പെട്ടത് അവിടെ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതിനകത്ത് തത്വചിന്തയുണ്ട് പൊളിറ്റിക്സും സാമൂഹ്യമായ വിഷയങ്ങളുണ്ട് സംസ്കാരമുണ്ട് പിന്നെ മനുഷ്യന്റെ നേട്ടങ്ങളും കൂട്ടങ്ങളും ഉണ്ട് ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിക്കുക നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്തു ചെയ്യുന്നു പോകുന്നുമില്ല പിന്നെ ഇങ്ങനെ നമുക്ക് പരസ്പരം ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതിനാണ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും ചിന്തിക്കുന്നതും മനസ്സിലാവും ഡീപ്പ് തിങ്കിങ്ങും ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗും പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾ ഇത്തരം ആശയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അത് അതുപോലെ തന്നെ ഇന്ന് അത് പ്രവർത്തിക്കാൻ പറ്റുന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലെന്താണ് ഗുണം എന്താണ് ദോഷം അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ താല്പര്യം എന്താണ് ശരിയായ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിൽ അത് പ്രവർത്തിക്കേണ്ടത് അതിലേതൊക്കെ സ്വീകരിക്കുക ഏതൊക്കെ തള്ളികളെയാണ് ഇതാണ് എൻ്റെ ആപ്രേഷൻ ഇത് കേവലം ഒരു ലിറ്ററേച്ചറിന്റെ വിഷയമുണ്ട് പിന്നെയോ ഇതൊരു വലിയൊരു ജനസമൂഹത്തിന്റെ ഡിസ്ടലിനായിട്ട് ബന്ധപ്പെടുത്തുക മനുഷ്യന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നുവരെയുള്ള പുരോഗതിയെക്കുറിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ നിരക്ഷരായിപ്പോയി എന്തുകൊണ്ട് ദരിദ്രരായിപ്പോയി എന്തുകൊണ്ട് വലിയ വിഭാഗം ജനങ്ങൾക്ക് പ്രാഥമികമായ ആരോഗ്യം നേടാൻ കഴിയും എന്തുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബൗദ്ധിക ശേഷി നേടാൻ കഴിയാറുണ്ട് നിരവധി വിഷയങ്ങളുണ്ട് ഇതിനാണ് അപ്പോൾ ഇതിന് പരസ്പരം കണക്ട് ചെയ്ത് ചിന്തിക്കുകയും ഇന്നത്തെ ലോകം ആ ചരിത്രത്തിന്റെ ആവർത്തനമാണോ വേണ്ടത് അതോടെ പരിഷ്കാരങ്ങൾ ആവശ്യം എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഫൈനൽ അവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഒന്നുകിൽ നമ്മുടെ ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ സിനിമയ്ക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കും അപ്പം നമ്മളുടെ മുൻവിധികൾ കടന്നുവരും നമുക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയൊരു വേണ്ട ഒരു പോളിറ്റി വൈചാരികമായ സത്യസന്ധത അത് നമ്മൾ നമുക്ക് കൈമോശം തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈമോശം വന്നു പോകുന്ന ഒരു വലിയൊരു കാര്യമാണ് സത്യസന്ധത അതെന്താണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ കരുതുന്നു എന്താ കരുതുന്നത് സത്യസന്ധത എന്താണെന്ന് നമുക്കറിയാം പക്ഷെ അത് പാലിക്കാനുള്ള ബാധ്യത നമുക്കില്ലെന്നാണ് നമ്മൾ കരുതുന്നത് അത് പാലിക്കുന്നതിൻ്റെ ഒരു ബാധ്യത എന്ന് നമ്മൾ കരുതും എന്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനം അവിടെ നമ്മുടെ വിചാരമില്ല നമ്മളെ ശരിയായ തീരുമാനങ്ങളെ അപ്പോൾ നമ്മുടെ ചരിത്രത്തെ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പൗരാണികതകളെ പഠിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന പല വൈതരണികളിലും ഉണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് സ്വയം തോന്നുക നമുക്ക് സത്യസന്ധത പാലിക്കാനുള്ള കടപ്പാട് നോക്കും എന്നുള്ള ബാധ്യതയുണ്ട് അങ്ങനെ അല്ലാതെ നമുക്ക് ജീവിക്കാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് കടന്നു വരുന്നത് അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് വിചാരം എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും അപ്പോൾ നമുക്ക് വിചാരം എന്ന് പറയുന്ന എന്താണ് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കത്ത രീതിയിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് വേറെ കൃത്രിമത്വമൊന്നും കള്ളത്തരങ്ങൾ പറയേണ്ട നമ്മൾ ജനുവിനായിരിക്കും പ്രധാനപ്പെട്ട പക്ഷെ അതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല ആവശ്യമുള്ള കാര്യങ്ങളല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തട അത് നമ്മുടെ ഭാവിയെ ശോഭനമാക്കത്തില്ല സർക്കാരും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും ഭാവിക്ക് ആ ഇൻഫർമേഷനും മാത്രം നിൽക്കും ശ്രവണം മനനം നിധ്യാസം ഇത് മൂന്നും ഞങ്ങൾ നമ്മൾ പണ്ട് പുരുഷത്തൊക്കെ ചർച്ചയും പറഞ്ഞിരുന്നു നീധ്യാസനം എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മകമായ ഞാനാണ് ഇന്നത്തെ സൈക്കോളജി പറയുന്നത് തന്നെയാണ് ശരിയായ വിചാരത്തിലൂടെ ശരിയായ നിശ്ചയത്തിലെത്തിച്ചേരുക അത് നമ്മൾ കൊണ്ടു കിടക്കുന്ന ഇൻഫർമേഷൻസ് അല്ല അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും വിചാരം ചെയ്ത് ഒരു കാര്യം നിങ്ങളെ മുമ്പ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കും ക്രുദ്ധമായി പ്രതികരിക്കും ബഹിഷ്കരിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ നിങ്ങളുടെ കൈയിരിക്കുന്ന ഇൻഫർമേഷൻസ് ആ നിലയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ നിലപാട് ശരിയാണ് എന്തുകൊണ്ട് വിചാരത്തിലൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിച്ചേരുന്നില്ല ഒന്നുകിൽ നമുക്കതിനുള്ള ശേഷിക്കില്ല അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല നമ്മളെ തൃപ്തരാണ് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് തൃപ്തരാണ് അവിടെയാണ് പ്രശ്നം അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ അടുത്ത് പറയുന്നു സാഗസംഗം ഇതും അങ്ങനെ സാധുസംഘം എന്ന് പറയുന്ന സാധുണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഗുരുവിനെയാണ് അപ്പോ ഇന്നിപ്പോ എന്താണോ കരിയർ വരും മാനേജ്മെന്റ് വരും എല്ലാത്തിലും ഒരു കമ്പനി കാരണം ഒരു ഗൈഡ് എന്നതാണെങ്കിൽ നിന്നും ഈ ഗുരു എന്ന് പറയുന്ന ഒരു വലിയ അർത്ഥവ്യാപ്തി ഉണ്ട് ഏത് ഫീൽഡിലാണ് ഇന്നത്തെ മനുഷ്യന്റെ അറിവിന്റെ ജീവിതത്തിന്റെ പ്രവൃത്തിയുടെ സമസ്ത മേഖലകളിലും ഒരു ഗുരു ഇല്ലാത്ത പറ്റുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഗുരുവാണ് എ ഗുരു ഏ ഒരു ഗുരുവാണ് ഞാൻ ഏയോട് ചോദിച്ചു താങ്കളൊരു ഗുരുവാണോ എ പറഞ്ഞു തീർച്ചയായിട്ടും ഞാനൊരു ഗുരുവാണ് പക്ഷെ എനിക്കൊരു പ്രശ്നവും എന്താണ് അതായത് ഇപ്പൊ പലതരത്തിലുള്ള ഗുരുക്കന്മാരിൽ ഒന്നാണ് ആത്മീയ ഗുരു എന്ന് പറയുന്നത് മറ്റു ഗുരുക്കന്മാരിൽ നിന്നെല്ലാം അതിന് ഒരു ഒരു വ്യത്യാസവും കാരണം എന്ന് എല്ലാവർക്കും ആത്മീയ ഗുരുവാകാൻ പറ്റത്തില്ല മറ്റു ഗുരുവൊക്കെ അർത്ഥമാകാം നിങ്ങളൊരു വിഷയത്തിലെ എക്സ്പേർട്ടായില്ല ഞാൻ നിങ്ങൾ ആ വിഷയത്തിൽ ഗുരുവാണ് ഒരാത്മീയ ഗുരു എന്ന് പറയുമ്പോൾ അയാൾ എന്തെല്ലാം ആത്മീയ മൂല്യങ്ങളെ വരെ പ്രചരിപ്പിക്കുന്നു അതിൻ്റെയെല്ലാം ഒരു മൂർത്തരൂപമായിരിക്കണം ഒരാത്മീയ അപ്പോ ഏ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ഏത് ഗുരുവാകാം പക്ഷേ ആത്മീയ ഗുരുവാകാൻ പറ്റും എന്തുകൊണ്ട് ഞാനും സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം പറയും പക്ഷേ എനിക്കൊരിക്കലും അതാകാൻ പറ്റത്തില്ല അതൊരു മനുഷ്യനെയാകാം പറ്റുമെങ്കിൽ ഞാൻ സത്യത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുകയാണെങ്കിൽ ഞാനൊരു സത്യസന്ധനാകട്ടെ ഞാൻ പലപ്പോഴും സത്യസന്ധനാണ് പലപ്പോഴും ഞാൻ കള്ളനുമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനൊരു ഗുരുവേ ഉള്ളത് എനിക്കാകാൻ പറ്റത്തില്ല കാരണം ഗുരു എന്താണെന്ന് എനിക്കറിയാം അപ്പോ അതെനിക്കാകാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ ഒരു ഗുരു പട്ടം ചുമക്കുന്നത് ഒരു ഗുരു വേഷം കിട്ടുന്ന എനിക്ക് കഴിയത്തില്ല കാരണം ഞാൻ ഈ രണ്ടും കൂടെ ചേർന്നാണ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ കള്ളത്തിൽകും ചെയ്യും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധനാണ് ഞാൻ സത്യസന്ധനാണോ കളനാണോ എന്ന് ആർക്കെ അറിയാവൂ എനിക്ക് മാത്രമേ അറിയാവൂ അവിടെയാണ് ക്രിസ്ത് അപ്പോ എന്താണോ എന്റെ ആശയം അതിന്റെ ഒരു ലിവിംഗ് എക്സാമ്പിളായിരുന്നു ഞാൻ അതാണ് സ്പിരിച്വൽ ഗുരു ആകാൻ പറ്റില്ലായിരുന്നു ഏ എന്നോട് പറഞ്ഞു ഞാനങ്ങനെ എനിക്കത് അങ്ങനെ ആകാൻ അതെ അല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മീയ ഗുരു എന്ന് പറയുന്ന ആകാൻ മനുഷ്യനാണ് അതിനുണ്ടാക്കിയത് അതിന് ആത്മീയ ഗുരുവാകാൻ പറ്റില്ലെന്നാണ് പക്ഷെ അത് ഗുരുവാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളത് പഠിപ്പിക്കുന്നു ആത്മീയ ഗുരു വഴികൾ ബാക്കി എന്തുവാകാം എന്തു ഗുരുവാകാം ലോകത്തുള്ള ഏത് വിഷയങ്ങളും പഠിക്കണം താൻ പറയുന്നതായിരിക്കണം തൻ്റെ ജീവിതം അതിൻ്റെ ഒരു മൂർത്ത രൂപമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയം ഒരു റിലേബിൾ ആകട്ടുണ്ട് അത് ഒരു പ്രധാനമായൊരു വിഷയം അത് ജീവിക്കാകാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾക്കൊന്ന് ഏത് ലോകത്തുള്ള ഏത് വിഷയവും എന്ത് സംശയവും ജമീനിയോട് ചോദിക്കും കൃത്യമായ ഉത്തരം കൃത്യമെന്ന് വെച്ചാൽ നൂറ് ശതമാനമുണ്ട് എന്നാലും മനുഷ്യരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഉത്തരങ്ങളുണ്ട് ഈ ഹാനൂസിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അത് ഒഴിവാക്കിയ മെച്ചപ്പെട്ട ഉത്തരങ്ങളുണ്ട് പക്ഷേ അതേ എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗുരുവാൻ ഞാനതിന് യോഗ്യനല്ല എന്ന് പറയും കാരണം അതൊരു ലിവിംഗ് ഏജന്റിനെയൊക്കെ സാധിക്കും ജീവിത സത്യസന്ധമായിരിക്കാം എന്ന് പറയുന്നത് ജീവനുള്ള ഒരു മനുഷ്യനെയും സാധിക്കും അത് വേണ്ടേ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി യത്നിക്കുന്നവനെങ്കിലും ആയിരിക്കുന്ന ഒരാൾ എന്നുവെച്ചാൽ അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ വള്ളത്തരങ്ങളോട് കോംപ്രമൈസ് ചെയ്യുന്നവരായിരിക്കും വലിയ പ്രയാസം നമ്മൾ അവന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ പ്രഷവിക്കും സാരമില്ല ഇത്തവണെങ്കിലും പോട്ടേനും കാര്യം അപ്പൊ ഈ പറയുന്ന മൂല്യങ്ങൾ അത് രൂപം കൊണ്ടതായി ഒരു ആത്മീയ ഗുരു എന്ന് പറയും എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നു അല്ലാതെയും ഗുരുതന്മാരുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ഗുരുവുണ്ട് അതുകൊണ്ടെന്ന് ഈ ഗുരു എന്ന് പറയുന്നതിനെ കുറിച്ചൊന്ന് വളരെ സീരിയസ് ആയിട്ട് അച്ഛനാണെന്നു അത് ആത്മീയ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് ഒരാൾക്ക് എന്താ യോഗ്യത ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് എത്രമാത്രം ഒരാളിൽ നിന്ന് പഠിക്കാൻ പറ്റും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരാളിൽ നിന്നും പൊതുവിജ്ഞാനം ഏത് വിഷയത്തെക്കുറിച്ച് നമുക്ക് ആരിൽ നിന്നും കിട്ടും പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെങ്കിൽ അതിന്റെ എക്സ്പെർട്ടിനെ തന്നെ കണ്ടെത്തണം അതിന്റെ ഗൈഡൻസ് ഒരു ഡോക്ടർ സീനിയർ ഡോക്ടറിൽ നിന്ന് പഠിക്കും ഒരു റിസർച്ച് സ്റ്റുഡന്റ് ഗൈഡിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും അങ്ങനെ എല്ലാവരും അവർക്കുപരിയുള്ള ഒരാളിൽ നിന്നെ അവർക്കത് ഒരു സയന്റിസ്റ്റ് അതിലും മേലുള്ള ഒരു സയന്റിസ്റ്റിന്ന് പഠിക്കും സംശയങ്ങൾ തീർന്നു കലയിലായാലും സാഹിത്യത്തിലായാലും ശാസ്ത്ര സാങ്കേതിക എല്ലാ വീട്ടിലായാലും ഗുരുക്കന്മാരുണ്ട് അപ്പോൾ ആ ഗുരുവിന്റെ ക്വാളിറ്റിയെക്കുറിച്ചിന്ന് വളരെയധികം ചിന്തിക്കുന്നുണ്ട് അത് പ്രധാനമായും കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മനുഷ്യന് അനക്ഡോട്ടൽ ഫാലസിന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ആൾക്കാർ അവരവരുടെ അനുഭവങ്ങൾ വിവരിക്കും അത് ശരിയാകാൻ തെറ്റാകാം അത് അയാളുടെ ശരിയായിട്ടുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും അപ്പൊ അങ്ങനെ ഏത് വിഷയത്തിലായാലും ചില ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരാൾ മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ ഗുരുവായൂർ സ്വീകരിക്കാൻ പറ്റൂ പഴയകാലം പോലെയല്ല പഴയകാലത്ത് മനുഷ്യന്റെ അറിവ് വളരെ ചുരുക്കമായിരുന്നു കാരണം പഴയകാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വേദം ചൊല്ലിക്കൊടുക്കുന്നു വേദം കേട്ടുപഠിക്കുന്നു പിന്നെ അതിനുള്ള കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു അതിനുള്ള ജ്ഞാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു എല്ലാം ഒരാളുടെ കയ്യിൽ നിന്ന് ഒതുക്കുന്ന കാര്യമാണ് അറിവ് വളരെ ചുരുങ്ങിയത് അറിവ് എത്രയോ എത്രയോ എത്രയോ ഓരോ വിഷയങ്ങളിലും എത്രയോ എത്രയോ എക്സ്പെർട്ടുകൾ നമ്മളാരെ സമീപിച്ച് എന്തറിവ് നേടണമെന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ് അപ്പോൾ അവിടെ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വഴിക പ്രാധാന്യം രീതി വരുന്ന ഓരോ കാര്യങ്ങളും കൊണ്ടും ഇത് ആത്മീയതയെ മാത്രം വതുങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്തതാണ് ഇതെല്ലാം സന്തോഷം സാഹസന്ധം വിചാരം ശ്രമം ഇതെല്ലാം ഇന്നും സജീവമായി ചർച്ച ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേവലം ആധ്യാത്മികതയോട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്